രി ഓ മനോബുദ്ധ്യഹം ന്രോത്രജിഹേന ചണനേത്രേ നോമഭൂമി തേജോന വായു ചിദാനന്ദ ശിവൂഹം ശിവൂഹം നാണസജോ നൈ പഞ്ചവായുർ സപ്തധാതു പഞ്ചകോഹ നദോ നോപ്പയൂദനന്ദിവോഹം ശിവോഹം നേ ദ്വേഷേ ലോഭമോഹോ മദോ നൈ മേ നൈവത്സര്യാവം നമ്മോ നാർ നാമോ നോക്ഷഹം Shivoham Na na na na Na na Vapam Saukyam Tirtham Vedana ചിദപിഹം ശിവോഹം നാപം നൗഖ്യം നുഃഖം നത്രോ ന തീർത്ഥം നേദന യാഹോജനം നൈവോജ്യം നോക്തന്ദിഹംഹേ ജാതിഭേദ മദോ പിതമാ ജന്മ നന്ധു ഗുരുന ശിഷ്യിന്ദിോഹം ശിവോഹം അഹം നിർവിക്കോ നിരാ വിഭുർവ്യാപ്യേന്ദ്രി സാധാ സമ ത്ത ന മുക്തിർ ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ആത്മസാക്ഷാത്കാരം നേടിയെടുക്കേണ്ട ഒന്നല്ല പുതിയതായിട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുമല്ല നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും നമ്മളുടെ അനുഭവം തന്നെ അങ്ങനെയാണ് എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ പോകും സാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അത് വരികയും പോവുകയും ചെയ്യും കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ ഉള്ളത് ഉപനിഷത്ത് തന്നെ നിലയോ നമ്മൾ കണ്ടു അതൊക്കെ കർമ്മം കൊണ്ട് നേടിയെടുത്ത ലോകങ്ങളെയൊക്കെ വിചാരം ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതൊക്കെ ലിമിറ്റഡാണ് പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ലോകം എന്ന് വെച്ചാൽ പ്ലെയിൻസ് ഓഫ് എക്സ്പീരിയൻസ് അനുഭവമണ്ഡലങ്ങൾ സ്റ്റേറ്റ്സ് അവസ്ഥകൾ അവസ്ഥകളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യും ഒരവസ്ഥയും നിത്യമായിട്ട് നിൽക്കല സത്യം ഒരവസ്ഥയല്ല കഴുത്തിൽ ഇട്ടിരിക്കുന്ന രത്നമാല കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു സർവത്ര അന്വേഷിച്ചു പോലീസ് പെറ്റീഷൻ കൊടുത്തു അന്വേഷണങ്ങളുമൊക്കെ നടന്നു അവസാനം വീട്ടിലേ ആരോ കാണിച്ചു തന്നു ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ അപ്പോഴാണ് കഴുത്തിൽ തൊട്ടുന്നത് ഓ ഇവിടെയുണ്ട് യു ആർ റെക്കഗ്നൈസിംഗ് അത്രയേ ഉള്ളൂ റെക്കഗ്നീഷൻ ഓ ഇവിടെയുണ്ട് ഇതിന് പ്രത്യഭിജ്ഞ എന്ന് പറയും ഉള്ളത് നഷ്ടപ്പെട്ടു പോയെന്ന് ധരിച്ച് തെരഞ്ഞു കണ്ണാടി മൂക്കത്ത് വെച്ചുകൊണ്ട് കണ്ണാടി തരയും ആ കണ്ണാടിയിലൂടെ തന്നെ തരയും അല്ലേ ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടി തരയും അതുപോലെ ഏതൊന്നിനെ നമ്മൾ അന്വേഷിക്കണവോ അതിലൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് പക്ഷേ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇത്ര കാലം സാധിച്ചില്ല ആ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നതിന് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു ഗുരുനെ ദേശികൻ എന്ന് പേര് കാണിച്ചു തന്നാ കണ്ടു അത്ര തന്നെ ഇതിന് പ്രത്യഭിജ്ഞാന സിദ്ധാന്തം എന്ന് തന്നെ പറയും ചിദ്വിലാസ ദർശനം എന്ന് പറയും അതായത് അവിടെ മൈൻഡിന് സ്ഥാനമേയില്ല തിങ്കിംഗ് ഓവർ റേറ്റ് അനലൈസിംഗ് ഡിസ്കസിംഗ് നോൺ എൻഡിംഗ് മിസ്ചിഫ് മനസ്സിന്റെ കളിയാണോ റിച്ച് പക്വമായൊരു ജീവൻ സത്യം കണ്ടെത്താനായി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂക്കത്ത് വെച്ച കണ്ണാടി കാണിച്ചു കൊടുക്കുന്ന പോലെ ഒരു സദ്ഗുരു സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു കാണുന്ന സമയത്ത് തന്നെ അതിനെ പറയുന്ന സമയത്ത് തന്നെ ആ ശബ്ദം എന്ത് ചെയ്യുന്നു കാണിച്ചു തരുന്നു അത്രേയുള്ളൂ അത്രയേ ശബ്ദത്തിന് പ്രവൃത്തിയുള്ളൂ ശബ്ദം സത്യത്തിൽ എത്തിക്കൊണ്ട് നിൽക്കില്ല ശബ്ദം കാണിച്ചു കാണിച്ചു തന്നാൽ കണ്ടോളണം റെക്കഗ്നൈസ് ചെയ്തോളും പ്രത്യഭിജ്ഞായത് ജപ്തി പ്രത്യഭിജ്ഞ എന്നൊക്കെ അതിന് പറയും ജ്ഞപ്തി ജ്ഞപ്തി എന്ന് വെച്ചാൽ അവബോധം അവേർനെസ് അങ്ങനെ കാണിച്ചതെന്ന് കണ്ടാൽ കണ്ട ക്ഷണം മുതൽ അനുഭൂതി കണ്ട ക്ഷണം മുതൽ അതിന്റെ അനുഭവം ഏർപ്പെട്ടു എപ്പോ കണ്ടുവോ അപ്പൊ മുതൽ ആ മുതൽ അതിന്റെ അനുഭവം കാര്യം ഇത്ര എളുപ്പമാണെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ വിപുലമായിട്ടുള്ള സാമഗ്രികളും സാധനകളും അനുഷ്ഠാനങ്ങളും യോഗങ്ങളും പൂജകളും നമ്മുടെ മഹർഷി ഒരിടത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് എത്ര എളുപ്പം ഇത് പറയാനായിട്ട് ഇത്രയധികം മതങ്ങൾ ഇത്ര പുസ്തകങ്ങൾ ഇത്ര റിച്വൽസ് ഇത്ര ചർച്ചകൾ ഇത്ര ശാസ്ത്രങ്ങൾ എന്നിട്ട് അവരൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നു എന്നാണോ പറയണത് അതുകൊണ്ട് അവരെല്ലാരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്നാണ് ഇങ്ങനെ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു അത്രയുള്ളൂ എന്നാണ് ഇങ്ങനെ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു പിടിച്ചെടുത്തിട്ടില്ലെങ്കിലോ ഞങ്ങൾക്കത് മനസ്സിലാവണില്ല പിന്നെ ഞാൻ കൃഷ്ണകഥയോ ശിവപുരാണമോ ഗണപതിയുടെ കഥയോ ഒക്കെ പറയാം എനിക്കും സമയം പോണം നിങ്ങൾക്കും സമയം പോണം എന്ത് വേണമെങ്കിൽ പറയാം അപ്പൊ അപ്പോഴൊക്കെ അതൊക്കെ ആവാം പക്ഷെ സത്യം വളരെ ലളിതം വളരെ എളുപ്പം കാണിച്ചു കൊടുത്തു കണ്ടു എന്നാണ് ധ്രുവൻ അഞ്ചു മാസം തപസ് ചെയ്തു ഭാഗവതത്തില് പക്ഷെ സത്യമൊന്നും കിട്ടിയില്ല ധ്രുവനെ കരഞ്ഞുകൊണ്ടുപോയി ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിതാനൻ എനിക്ക് ഭാഗ്യം കേട്ടവനാണ് ഞാൻ അഞ്ചു മാസം കഠിന തപസ് ചെയ്തിട്ട് ഒരു രാജ്യപദവിയെ വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു നേരെ മറിച്ച് പ്രഹ്ലാദൻ തപസ് ചെയ്തു എന്ന് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ ഭാഗവതത്തിലോ ആലോചിച്ചു നോക്കൂ ജനിക്കുന്നതിന് മുമ്പ് സത്യത്തിന് ജനിച്ചിട്ടല്ലേ കുട്ടിക്ക് എന്തെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമോ ഒത്തിരി ബുദ്ധി വന്നിട്ടോ കുറച്ച് പ്രവർത്തിച്ചിട്ടോ ചിതിവിലാസ ദർശനത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പ്രഹ്ലാദ് നമ്മൾക്ക് ഉള്ള തെറ്റിദ്ധാരണയെ മുഴുവൻ നീക്കുന്നതാണ് പ്രഹ്ലാദന്റെ കഥ നമ്മൾക്ക് മൈൻഡ് ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ആവുന്നത് തന്നെ ഒരു വയസ്സ് രണ്ട് വയസ്സിന് ശേഷമാണോ അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്നൊക്കെ പറയണത് തന്നെ ഒരു വയസ്സ് രണ്ട് വയസ്സിന് ശേഷമേ അല്പ അല്പമെങ്കിലും മനസ്സിലാവുള്ളൂ നല്ലവണ്ണം തെളിഞ്ഞു മനസ്സിലാവണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ കഴിയണം അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവല്ല ഇവിടെ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ചാണോ കൊടുത്തത് അപ്പൊ അതെങ്ങനെ നടന്നു അതാണ് പറയണത് ആത്മസാക്ഷാത്കാരം ഏറ്റവും എളുപ്പവുമാണ് ഏറ്റവും കഷ്ടവുമാണ് ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കാരണം എന്താ ഒന്നും ചെയ്യേണ്ട കിട്ടും ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്ത് ചെയ്താലും കിട്ടില്ല തന്റെ ജീവഹന്ത അഹങ്കാരം നിശേഷം അസ്തമിച്ച് സ്വരൂപദർശനം സ്വരൂപദർശനം ഉണ്ടാകുമ്പോ ഇത് അസ്തമിക്കും ആ സ്വരൂപദർശനം എങ്ങനെ ഉണ്ടാകുന്നു ആചാര്യൻ കാണിച്ചു കൊടുക്കുമ്പോ തത്വമസി ആ ക്ഷണത്തില് ആ സത്യത്തിനെ തന്നിൽ കാണുകയാണ് ഏതൊന്നിനെ നീ അന്വേഷിക്കുന്നു അത് നീയാണ് എന്ന് പറയുന്ന ക്ഷണം ഗ്യാപ്പയില്ല അനുഭവത്തിന് ചിന്തിച്ചിട്ടല്ല ചിന്തിക്കാൻ സമയം കൊടുത്താൽ കിട്ടില്ല ചിന്തിക്കുന്നതിനു മുമ്പ് മൗക്കത്തെ കണ്ണാടി ഇതാ കാണിച്ചു കൊടുത്താൽ ചിന്തിച്ചിട്ട് വേണോ തൊട്ട് നോക്കാൻ ചിന്തിച്ചിട്ട് വേണോ അതുകൊണ്ടെന്നറിയാം തൊടുക പോലും വേണ്ട അറിയാം ആ ഉണ്ടല്ലോ അതുപോലെ സ്വസ്വരൂപത്തിന് ദേശികം കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ അതുകൊണ്ടാണ് ദേശികൻ എന്ന് പേര് ദിശതീതി ദേശിക കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ ണുകയാണ് സത്യത്തിൽ പിന്നെ ആ സത്യാനുഭവത്തിൽ അതിന് കൃപ എന്ന് പേര് അതായത് യാതൊരു പ്രയത്നവും ഈ ജീവ അഹങ്കാരത്തിന്റെ ചലനമില്ലാത്ത സത്യത്തിനെ കണ്ടു കണ്ട ആ അനുഭവത്തിന്റെ രുചിക്ക് പേരാണ് കൃപ ആ കൃപയിൽ അഹങ്കാരത്തിനെ കൃമേഷം നടത്തണം അഹങ്കാരത്തിന് ആ കൃപ വിഴുങ്ങിക്കളി അപ്പോ ഏർപ്പെടുന്ന അനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അപ്പോ നല്ലവണ്ണം തെളിഞ്ഞു മനസ്സിലാക്കുന്നു ശരീരത്തിന്റെ ദൂഷ്യങ്ങളോ മനസ്സിന്റെ ദൂഷ്യങ്ങളോ യാതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയഹ സബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃത് നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ചലനമാണ് കർമ്മം ചലനങ്ങളൊന്നും തന്നെ ആ അധിഷ്ഠാനത്തിനെ സ്പർശിക്കുന്നേ ഇല്ലാണ് എന്തൊക്കെ തന്നെ നടന്നാലും എന്നെ സ്പർശിക്കുന്നില്ല ശരീരത്തിൽ നടന്നാൽ ശരീരം ഞാനല്ല മനസ്സിലും ബുദ്ധിയിലും നടന്നാൽ ഞാനല്ല ഈ അഹങ്കാരം ഞാനല്ല ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ധ്യാനിക്കാനിരിക്കുമ്പോ രാഗദ്വേഷങ്ങൾ പൊന്തുന്നു ഈ രാഗദ്വേഷങ്ങൾ ഞാനല്ല രാഗദ്വേഷങ്ങളെ മാറ്റാനുള്ള വഴിയാണ് രാഗദ്വേഷങ്ങൾ നിശേഷം പോയാൽ മനസ്സ് അടങ്ങിക്കിട്ടുകയുള്ളൂ അപ്പൊ നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവമേ നൈവമാത്സര്യഭാവ ഇതൊക്കെ മതം ആസര്യം ലോപം മോഹം കാമം ക്രോധം എല്ലാം മനസ്സിലാണ് മനസ്സിനെ മൊത്തത്തിൽ കളയുകയാണ് ചിലരെന്തു ചെയ്യും വീട്ടിലുള്ള കുപ്പയും വൃത്തികേടുകളും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടുപോയി ഉമ്മരത്തെവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ആ കുപ്പയൊക്കെ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനെ തിരിച്ചു കൊണ്ടുവരും അങ്ങനത്തെ ആളുകളുണ്ട് ഇവിടെ ആചാര്യസ്വാമി പറയുന്നത് കഴുകാനും മറ്റൊന്നും നിൽക്കേണ്ട പ്ലാസ്റ്റിക് കവറോട് വലിച്ചെറിയാം ജ്ഞാനം മനസ്സിനെ ബാധകമാണ് ഭക്തി മനസ്സിന്റെ ശോധകമാണ് ഒന്ന് ശോധനം ചെയ്തിട്ട് തിരിച്ചുകൊണ്ടുവരുന്നു പ്ലാസ്റ്റിക് കവറിനെ അത് മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നു അല്പം സ്വൽപ്പം ശുദ്ധം ചെയ്തിട്ട് ജ്ഞാനം എന്ത് ചെയ്തു മനസ്സിനെ മൊത്തത്തിൽ നിരാകരിക്കുന്നു പ്ലാസ്റ്റിക് കവറോടെ വലിച്ചായിരുന്നു അപ്പോ ലോഭം മോഹം ദ്വേഷം രാഗം മതം ആത്സര്യം ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതൊന്നും എനിക്ക് കാര്യമില്ല ർക്ക് ധർമ്മം ആർക്ക് അർത്ഥം ആർക്ക് മോക്ഷം ആത്മാവിന്റെ സ്വരൂപം ആത്മാ നിത്യമുക്തമാണ് അതിനിരു മുക്തി വേണോ ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്വഭാവം തന്നെ ലിബറേഷനാണ് മുക്തിയാണ് പക്ഷെ ശരീരത്തിന് മുക്തി സാധ്യമേയല്ല ശരീരത്തിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ് മനസ്സിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ് പ്രകൃതിക്ക് വിമുക്തി സാധ്യമല്ല സ്വസ്വരൂപം നിത്യമുക്തമാണ് അപ്പൊ നിത്യമുക്തമായ സ്വസ്വരൂപത്തിനെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അതിൽ കർത്തൃത്വമൊന്നുമില്ല കർത്തൃത്വമൊക്കെ മനസ്സിലാണ് സുഷുപ്തിയിൽ കർതൃത്വമുണ്ടോ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഞാൻ രണ്ട് മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി അഞ്ചു മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു കർത്തൃത്വം വല്ലതുകൊണ്ടോ കർത്താവേ ഇല്ല അല്ലേ അവിടെ ആ ഡൂവർ ഇസ് നോട്ട് അപ്പോ ഉറക്കം അപ്പൊ മനസ്സ് ലയിച്ചാൽ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പോയി മനസ് പൊന്തുമ്പോ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പൊന്തുന്നു കർത്തൃത്വത്തിലാണ് പാപം പുണ്യമൊക്കെ അത് കഴിഞ്ഞ് അത് അനുഭവിക്കുമ്പോ നമ്മൾ പറയുന്നു നമ്മളുടെ പാപം പുണ്യം ഈ കർത്താവ് ആരാണ് പലരും ചോദിക്കും നമ്മൾ കർത്താവല്ലെങ്കിൽ നമ്മൾ എന്തിന് നമ്മളുടെ ദുഃഖഫലങ്ങളൊക്കെ അനുഭവിക്കണം ഇത്രയധികം വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ ഇതേ ചോദ്യം നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ ചോദിക്കില്ല സുഖത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഈ ചോദ്യം രണ്ടും ഉപേക്ഷിക്കുക എന്നാൽ രണ്ടും പോകും യഥാർത്ഥത്തിൽ ആരാണ് കർത്താവ് ആരാണ് ഭോക്താവ് ഈ ചെയ്യുന്നവൻ ആര് ഞാൻ ആര് എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ ക്ഷണത്തില് അവിടെ അനിർവചനീയമായ ശാന്തി പൂർണ്ണത്വം പ്രകാശിക്കും ആ പൂർണ്ണത്വത്തിൽ ഈ കൊച്ച് അഹന്ത പൊന്തിയാൽ ഉടനെ കർത്താ ഭോക്താ അഹം ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നുന്നു അപ്പൊ പുണ്യം പാപം മന്ത്രം തീർത്ഥം ഈ ശരീരത്തിനെ ശുദ്ധമാക്കാനാണല്ലോ ഇതൊക്കെ തീർത്ഥം മന്ത്രം വേദം വേദം പഠിച്ചിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾ യാഗങ്ങൾ യജ്ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗാദി ലോകങ്ങൾ അനന്ത കൽപ്പനാ പരമ്പര അപ്പോ ഇതൊക്കെ തന്നെ വേദം യജ്ഞം മന്ത്രം തീർത്ഥം പുണ്യം പാപം സുഖം ദുഃഖം ഇതൊക്കെ എപ്പോഴുണ്ട് എത്രകാലം ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ടോ അത്രകാലം ഇതൊക്കെ ചെയ്യുന്നവനും അനുഭവിക്കുന്നവനുമുണ്ട് മരിച്ചുപോയ ആളെ കൊണ്ട് തീർത്ഥയാത്ര ചെയ്യിപ്പിക്കുകയോ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുകയോ ഒന്നും പറ്റില്ല ഈ അഹങ്കാരം എത്രകാലമുണ്ടോ അത്രകാലമുണ്ട് ഈ തീർത്ഥയാത്ര യജ്ഞം യാഗം കർമാനുഷ്ഠാനങ്ങൾ ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഭോക്താവ് ഞാനല്ല അഹം ഭോജനം നൈവോജ്യം നോക്ത ഇതൊന്നും ഞാനല്ല ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശാന്തി പൂർണ്ണത്വം ആ ശിവം അതാണ് ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹങ്കാരം മാക്സിമം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടേ അതിന് മൊനമ്പ് പൊട്ടുകൊള്ളൂ ധാരാളം കർമ്മങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചു കഴിയുമ്പോ ഈ ജീവൻ ചോദിക്കും ഒരു ഘട്ടത്തിൽ എപ്പോഴാണ് എങ്ങനെയാണ് ഈ ലോഡ ഇറക്കി ചുവട്ടൽ വയ്ക്കുക മതിയായി പരിശ്രമ ആതുരാഹ ഭാഗവതത്തിൽ പറയണു പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഈ പരിശ്രമം ഒരാതുരമായിട്ട് തീർന്നു എന്നാണ് ആതുരം എന്ന് വെച്ചാൽ വ്യാധി മത്സ്യാവതാര സ്തുതിയിൽ പറയാണ് അനാദികാലമായിട്ട് ഭഗവാനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ക്ഷീണിച്ചു ഊന്നണം എത്ര കാലമായി എന്നറിയില്ല ആദിയില്ലാതെ തുടങ്ങി ഈ കർമ്മ പരമ്പര പല കർമ്മങ്ങളും ചെയ്തു പരിശ്രമിച്ച് വ്യാധി പിടിച്ചു കണ്ണുടയ വള്ളലാർ എന്ന സിദ്ധൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തമിഴിലൊരു കൃതിയാണ് ഒഴിവിൽ ഒടുക്കം അതിലദ്ദേഹം പറയുന്നു എത്രയോ ജന്മങ്ങളായി പരിശ്രമിച്ച് തളർന്ന ഈ ജീവനെ വീണ്ടും കർമ്മത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഗുരു അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നവൻ ആരുണ്ടോ അവൻ ഗുരുവല്ല യമന്റെയോ ബ്രഹ്മാവിന്റെയോ ഏജന്റാണെന്നാണ് എന്നുവെച്ചാൽ സൃഷ്ടിയക്കോ വീണ്ടും മരണത്തിനോ ഉള്ള പുറപ്പാടാണ് ഭാഗവതത്തിൽ ഋഷഭയോഗീശ്വരനും പറയുന്നു നോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയേ കർമ്മസു കർമ്മമൂഢാൻ എത്ര ജന്മങ്ങളായി കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് വലഞ്ഞ് കർത്തൃത്വ ദുഃഖം അനുഭവിക്കുന്ന ജീവനെ എന്നുവെച്ചാൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറയണം എന്നാണോ അങ്ങനെയല്ല ആ കർത്തൃത്വം എടുത്തുകളയലാണ് ഗുരുവിന്റെ ജോലി അല്ലാതെ കർമ്മത്തിലേക്ക് തള്ളിവിടലല്ല ഭഗവാൻ ഗീതയിൽ അർജുനനെ കർമ്മം ചെയ്യിപ്പിക്കല്ല ചെയ്തത് ഭഗവാൻ പറഞ്ഞത് നീ ചെയ്യാനും പോണ്ട ഉപേക്ഷിക്കാനും പോണ്ട ഈ ചെയ്യുന്ന ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കും ദെൻ യു വിൽ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് നോ ഡുവർ പ്രകൃതിയുടെ കയ്യിൽ വെറും യന്ത്രമാണ് എന്ത് നടക്കണമോ നടക്കട്ടെ അത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരാ അതാണ് അഹങ്കാരം ചെയ്യാ പ്രവൃത്തിയില്ലാത്ത സ്ഥലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതും അഹങ്കാരമാണ് പ്രവൃത്തി തന്നിലൂടെ നടക്കുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് തടസ്സം ചെയ്യണതും അഹങ്കാരമാണ് ഈ അഹങ്കാരത്തിനെ ശ്രദ്ധിക്കൂ അവൻ എന്നെ പറ്റിക്കുകയാണ് അവനെ ശ്രദ്ധിക്കൂ അവന്റെ ചലനത്തിനെ ശ്രദ്ധിക്കൂ അത്രയേ ഉള്ളൂ ഗീതയുടെ ഉപദേശം കർമ്മയോഗം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ കർമ്മം ചെയ്യലും കർമ്മയോഗമല്ല കർമ്മം ചെയ്യാതിരിക്കലും കർമ്മയോഗമല്ല നമ്മളിലൂടെ നടക്കുന്ന കർമ്മത്തിനെ ചെയ്യുമെന്നോ ചെയ്യാ ചെയ്യില്ല എന്നോ തീരുമാനിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് കർമ്മയോഗം അപ്പൊ നടക്കേണ്ടത് നടക്കും കർമ്മം നടക്കണോ നടക്കും കർമ്മമില്ലേ നിന്നുപോകും അപ്പോ ആ തത്വോപദേശം കൊടുത്ത വിശ്രാന്തി അപ്പൊ എന്താവും ഈ ജീവൻ ഹെവി ലോഡ് ഉള്ളുന്നു പോകും ഞാൻ ചെയ്യേണ്ട പ്രവൃത്തിയില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെയിരിക്കുന്നു പലർക്കും അതാണ് റിട്ടയർമെന്റ് ആയാലയ്യോ ഞാൻ ഒന്നും ചെയ്യാനില്ലാതിരിക്കണല്ലോ എന്നെക്കുറിച്ച് സമൂഹത്തിലുള്ളവരെന്ത് വിചാരിക്കും ഒന്നും ചെയ്തിട്ട് അപ്പൊ ഈ ചെയ്യുന്നത് കർമ്മയോഗമല്ല അവിടെ കർമ്മരോഗം അത് ബാക്കിയുള്ളവർക്ക് കർമ്മദ്രോഹവുമായിട്ട് മാറും കർമ്മ രോഗമായി മാറിയത് എന്താന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാം വയ്യ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടേ ചെയ്യാതിരിക്കാം വയ്യ രോഗമായിട്ട് മാറി അപ്പോ ആ രോഗത്തിനെ ചികിത്സിക്ക ഋഷഭയോഗീശ്വരൻ പറയണു നയോധയേത് കർമ്മസു കർമ്മമൂഢാൻ കർമ്മമൂഢന്മാരായിട്ടുള്ളവർ കർമ്മമൂഢൻ എന്നുവെച്ചാൽ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഞാൻ ഇല്ലാതെ നടക്കില്ല എന്നുള്ള ഈ ചലനം ഉള്ളത്തോളം അവർ കർമ്മയോഗികളാവുകയേ ഇല്ല അവർ കർമ്മമൂഢന്മാരാണ് അവര് കർമ്മരോഗികളാണ് അപ്പൊ അവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ചു അങ്ങനെ തള്ളിയിട്ട് താങ്കൾക്ക് എന്ത് കിട്ടാനാണ് എന്നാ ചോദിക്കണം കുറെ ഗുരുക്കന്മാരെ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം അദ്ദേഹം യോഗിനാം പരമം ഗുരു എന്നാണ് അദ്ദേഹം യോഗികൾക്ക് ഗുരുവാണ് അതുകൊണ്ട് കുറെ യോഗികളോടാണ് ഈ ഉപദേശം സാധാരണ ആളുകളോടല്ല അവരോട് പറയാണ് നിങ്ങളെ ആശ്രയിക്കുന്നവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ച് തള്ളരുത് നിപാതയം നഷ്ടദൃശം ഹി ഗർത്തേ സ്വയം കണ്ണില്ലാത്ത ഒരാളെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ആഴമേറിയ പൊട്ടക്കനെറ്റിൽ തള്ളിയിട്ടാൽ എങ്ങനെയാവുമോ അതുപോലെയാണ് കർമ്മത്തിൽ പിടിച്ച തള്ളണത് പുറത്തുവരാൻ പറ്റില്ല ഒരുവിധം അതൊക്കെ മതിയാക്കിയിട്ട് ജീവൻ വിശ്രാന്തി കൊതിച്ചുകൊണ്ട് ആ ജീവന് കർത്തൃത്വരഹിതമായ ആ സരളമായ ശാന്തി കൊടുക്കുന്നതിന് പകരം വീണ്ടും പലവിധത്തിലുള്ള കർമ്മകലാപങ്ങളിലേക്ക് പിടിച്ചു തള്ളുന്ന ആള് യമന്റെയോ ബ്രഹ്മാവിന്റെയോ ദൂതനാണ് മെസഞ്ചറാണ് അതിന് നമ്മള് ഹൈ സൗണ്ടിംഗ് വേഡ്സ് ഒക്കെ ഉപയോഗിക്കും സർവീസ് സോഷ്യൽ സർവീസ് എല്ലാം നല്ലതാണ് ഒന്നും ചെയ്യേണ്ട എന്നല്ല അർത്ഥം പക്ഷെ അതൊരു വലിയ തലവേദനയായിട്ട് മാറാൻ പാടില്ല അപ്പൊ നമ്മളുടെ സോഷ്യൽ സർവീസൊക്കെ നെഗറ്റീവായിട്ട് മാറും നാച്ചുറലായിട്ട് വരുന്നത് എന്താണെങ്കിലും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഒന്നും പരിശ്രമമില്ലാതെ ചിലരുടെ നേച്ചറാണ് അവർക്ക് സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല നാച്ചുറലി ദേവിൽ സേറും അതിനൊരു ശ്രമമൊന്നുമില്ല അത് നാച്ചുറലായിട്ട് നടക്കും അവിടെ കോൺഫ്ലിക്ട് ഇല്ല അതൊരു ഹെവി ലോഡായിട്ട് അവർക്കില്ല അവരിലൂടെ ഒഴുകുകയാണെങ്കിൽ കാര്യം വരെ അപ്പൊ അത് കർമ്മയോഗം ആവും എന്തും സഹജമായി പ്രിയമായി നടക്കുകയാണെങ്കിൽ കർമ്മയോഗമാവും നമുക്ക് അത് അതിന്റെ എഫക്റ്റ് ആയിട്ടിരിക്കും അതിൽ നിന്നും മറ്റൊരു എഫക്റ്റ് നമ്മൾ ആഗ്രഹിക്കില്ല അപ്പോ അപ്പൊ കർമ്മം കർത്താവും ഭോക്താവും ഇല്ലാതെ നടക്കും കർമ്മത്തിന്റെ എഫക്ട് ഈ ജീവനെ ബന്ധിക്കില്ല കാരണം ബന്ധിക്കാനുള്ള അഹങ്കാരമേ അവിടെയില്ല നർത്തൃത്വം നർമാണി യാതൊന്നുമില്ല അപ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം നുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞാ അതില്ലെങ്കിൽ അജാമിളോപാഖ്യാനത്തിനൊന്നും അർത്ഥമേയില്ല മഹാപാപം ചെയ്ത ആളെ ഒരു ക്ഷണത്തിൽ വിമുക്തനാക്കുന്ന ഒരു കഥ നാമം ജപിച്ചു നാമം ജപിച്ചു എന്ന് വെച്ചാൽ മുക്തനാവോ ഞാൻ ചെയ്തു പാപം ചെയ്തു കൂട്ടിയ ഒരാളെ ഒരു ക്ഷണത്തിൽ സ്വതന്ത്രനാക്കാൻ എന്ത് വിധി അപ്പൊ അവിടെ നമ്മുടെ കണക്കൊക്കെ പഴച്ചു പോകും എന്തുകൊണ്ട് അജാബിളോപാഖ്യാനത്തിന് ന്യായീകരണം എങ്ങനെ കൊടുക്കാൻ പറ്റും പലവിധത്തിലും ജീവിച്ചാണ് എന്ന് വെച്ചാൽ പുണ്യവും പാപവും ശരിയും തെറ്റും ഗുണവും ദോഷവും ഒക്കെ ഈ ജീവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ പരമാത്മ ദൃഷ്ടിയിൽ ഇതൊന്നുമില്ല ഈ ജീവൻ ഞാൻ ചെയ്തു ചെയ്തു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നു ആ കർത്തൃത്വം അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്ഷണത്തിൽ മുക്തനാവും നമ്മളിപ്പോ റോട്ടിൽ ഇടതുവശത്തിലൂടെ വണ്ടി ഓടിച്ചാൽ നല്ലത് വലതുവശത്തിലൂടെ ഓടിച്ചാൽ തെറ്റ് ചില രാജ്യങ്ങളിൽ വലതുവശത്തിലൂടെ ഓടിക്കാൻ പാടുള്ളൂ ഇടതുവശത്തുകൂടെ ഓടിക്കാൻ പാടില്ല കുറെ കാലം കഴിഞ്ഞു ഇത് നമ്മളുടെ കോൺഷ്യൻസിൽ കയറിയിരുന്നിട്ട് വലതുവശത്തുകൂടെ വണ്ടി ഓടിച്ചു ഞാൻ പാപിയാണോ പാപിയാണോ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു അപകടമുണ്ടായി എന്റെ തെറ്റാണ് അപ്പൊ കർത്തൃത്വം വന്നു പല നിയമങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ലോകവ്യവഹാരത്തിനുള്ള വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി അതിൽ ഈ കൊണ്ട് ഈ ജീവൻ ദുഃഖിക്കുന്നു ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വരൂപത്തിനെ സ്പർശിക്കുന്നേല അജാമിളോപാഖ്യാനത്തിന് എന്താണ് സിദ്ധാന്തപരമായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ ഒരു പാപവും പുണ്യവും ആത്മാവിനെ സ്പർശിക്കുന്നില്ല ആയിരം വർഷമായി കൂടിയിരിക്കുന്ന കൂരിരുട്ടാണെങ്കിലും വിളക്ക് കൊളുത്തിയാൽ അപ്പ പോകും പതുക്കെ പതുക്കെ അല്ല പോവുക ആയിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടുമ്പോ പോകും പതുക്കെ പതുക്കെ ആണോ പോവുക ആയിരം വർഷത്തെ ഇരുട്ടല്ലേ ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ പത്ത് മിനിറ്റ് എടുക്കട്ടെ വെച്ചാൽ നടക്കൂ പത്ത് സെക്കൻഡ് എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുമോ ഒരു ക്ഷണത്തിൽ പോവും ൈറ്റ് വന്ന ഉടനെ അതുപോലെ എത്ര ജന്മങ്ങളായി ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളാണെങ്കിലും ആ പുണ്യപാപങ്ങൾ ഒന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമല്ല ജ്ഞാനേശ്വരൻ ഒരിടത്ത് പറയുന്നുണ്ട് പൂർവപക്ഷമായിട്ട് ചോദിക്കുന്നു ഇത്രയൊക്കെ പാപവും മറ്റു വാസനകളും ഒക്കെ ഉള്ള ആൾക്ക് ഒരു ക്ഷണത്തിലെല്ലാം വന്നുപോവോ ജ്ഞാനം വന്നതുകൊണ്ട് പാപപുണ്യങ്ങൾ വരാതിരിക്കോ ജ്ഞാനേശ്വരൻ പറയുന്നു വിളക്കിന് കയ്യിൽ വെച്ചുകൊണ്ട് ഇരുട്ടേ വരൂ എന്ന് നിങ്ങൾ എത്ര ശ്ലോകം ചൊല്ലി വിളിച്ചാലും ഇരുട്ട് വരില്ല പൂച്ചയെ അടുത്തിരുത്തിക്കൊണ്ട് പക്ഷിയോട് കിളിയോട് പാട്ടുപാടു എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കിളി പാട്ടുപാടില്ല അതുപോലെ ഈ ജ്ഞാനം നമ്മളുടെ സ്വസ്വരൂപമായി ഇരിക്കുമ്പോ അതിനെ അജ്ഞാനത്തിന് സ്പർശിക്കാനേ പറ്റില്ല യാതൊരു കളങ്ക് അതാണ് ബുദ്ധന്റെ കഥയിൽ നോക്കിയാൽ അങ്കുലിമാല അയാള് നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊന്നിട്ട് കയ്യിലുള്ള വിരല് മുറിച്ചിട്ട് മാലയാക്കി കഴുത്തിലിട്ടുണ്ട് അതാണ് അയാൾക്ക് അങ്കുലിമാല എന്ന് പേര് അങ്കുലി വിരല് വിരല് മുറിച്ച് മാലയായിട്ടിട്ട ആള് രാജാവിനൊന്നും പിടിച്ചിട്ട് അയാളെ വശപ്പെടുത്താൻ സാധിച്ചില്ല ബുദ്ധൻ ഒരു ദിവസം നടന്നു പോകുന്നു ഇയാൾ ബുദ്ധന്റെ പുറകെ എല്ലാ മഹാത്മാക്കൾക്കും ഒരു കാര്യം അറിയാം പാപം ചെയ്യുന്നവരൊക്കെ ഹൈലി ഡിസ്റ്റർബ് പീപ്പിളാണ് അവരുടെ ഉള്ളില് എന്തോ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് അവർ പാപം ചെയ്യുന്നത് നാച്ചുറലായിട്ടൊരു മനുഷ്യൻ ശാന്തമായി സ്വതന്ത്രമായിരിക്കും പാപികളൊക്കെ തന്നെ പേടി ഹിറ്റ്ലർ ലോകത്തിനെ ഇത്രയധികം ഗിടകിട വിറപ്പിച്ച ആൾക്ക് ചുറ്റും നാലുപേരെ നിർത്തിക്കൊണ്ടേ അയാൾ ഉറങ്ങാൻ കിടക്കുള്ളൂ എന്നിട്ടും ഉറങ്ങില്ല അത്ര എന്താണെന്ന് വെച്ചാൽ ഇവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താലോ പാപികളെ മാറ്റാൻ ഒരു സന്ദർഭവുമുണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറിപ്പോയി ഈ അങ്കുലിമാല ബുദ്ധന്റെ പുറകെ ഓടി ഇയാൾ പറഞ്ഞു ഏ ഭിക്ഷു നിൽക്കൂ ബുദ്ധൻ പറഞ്ഞു കുഞ്ഞേ ഞാൻ എപ്പോഴും നിൽക്കുകയാണ് നീയാണ് ഈ ഓടിക്കൊണ്ടേയിരിക്കുന്നത് ഞാൻ എപ്പോഴും നിൽക്കുകയാണ് നീ ഓടിക്കൊണ്ടേയിരിക്കുന്നു തനിക്കെവിടെ ശാന്തി താങ്കളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടാം താങ്കളുടെ വിരൽ എനിക്ക് വേണം ഓ എടുത്തോളൂ ആ വിരൽ എടുക്കുന്നത് തനിക്ക് ശാന്തി ഉണ്ടാവുകയാണെങ്കിൽ ധാരാളം മുറിച്ചെടുത്തോളൂ ആ ശാന്തി എന്നുള്ള വാക്കയാൾ കേട്ടിട്ടില്ല വിശ്രാന്തി എന്നുള്ള വാക്കയാൾ കേട്ടിട്ടില്ല അയാ അതോടെ ബുദ്ധന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു പിന്നീട് അയാൾക്ക് ആ കർത്തൃത്വം ഞാൻ മഹാപാപിയാണ് ഒരു ദിവസം ഭിക്ഷു സന്യാസിയാക്കി തീർത്തു ബുദ്ധൻ ഭിക്ഷെടുക്കാൻ പോയപ്പോ ഒരു വീട്ടിൽ കൊച്ചു കുട്ടി ആ കുട്ടി ഭിക്ഷ കൊടുക്കാൻ വന്നപ്പോൾ കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയുമൊക്കെ കുറിച്ച് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു എന്റെ അച്ഛനെയും മറ്റുമൊക്കെ അങ്കുലിമാല കൊന്നു എന്ന് പറഞ്ഞു അപ്പൊ അന്നുമുതൽ അദ്ദേഹത്തിന് പശ്ചാത്താപം ഞാൻ എത്ര പാപം ചെയ്തു എത്ര ചെയ്തു ചെയ്തു ചെയ്തു ഈ പശ്ചാത്താപം മുഴുവൻ ബുദ്ധൻ ജ്ഞാനോപദേശം കൊണ്ട് നീക്കി അദ്ദേഹത്തിന് ഒരിക്കൽ ആളുകളൊക്കെ കൂടെ അടിച്ചു ആ അടി കൊണ്ടിട്ടാണ് മരിക്കുന്നത് അവസാനം പക്ഷേ പഴയ അങ്കുലിമാലയാണെന്ന് കണ്ട ആളുകൾ അടിക്കുകയാണ് അപ്പോൾ ആ അടിയെ സന്തോഷമായിട്ട് വാങ്ങിക്കുകയാണ് അടി കൊള്ളും അദ്ദേഹം പറയാം ഞാൻ എന്റെ പാപമൊക്കെ പോകുന്നു പോട്ടെല്ലാം ആ കർത്തൃത്വം മുഴുവൻ പോയി അങ്കുലിമാല ശാന്തിയോടുകൂടെ മരിച്ചു എന്ന് ബുദ്ധൻ പറഞ്ഞു അപ്പൊ ഇത്രയധികം കർത്തൃപാപം ചെയ്ത ഒരാൾക്ക് ഒരു ക്ഷണത്തിൽ വിമുക്തി കൊടുക്കാൻ എന്ത് വിധി ഗീതയിലും ഭഗവാൻ പറയുന്നു അഭിചേത്ത് സുദുരാചാരോ ഭജതേ മാ അനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് തന്റെ കർത്തൃത്വം അങ്ങോട്ട് വിട്ടു ഞാൻ കർത്താവാണ് രണ്ടുവിധത്തിൽ വിടാം ഒന്ന് ജ്ഞാനവിചാരം കൊണ്ട് വിടാം അല്ലെങ്കിൽ ഭഗവാന് ശരണാഗതി ചെയ്യുന്നത് വിടാം രാമകൃഷ്ണ പരമവംശരുടെ ഒരു ശിഷ്യൻ ഗിരീഷ് ചന്ദ്രഘോഷ് എന്നുപേര് അയാള് വലിയ ഡ്രമാറ്റിസ്റ്റായിരുന്നു നാടകം നടത്തുന്ന ആള് ഗിരീഷ് പറയും രാമകൃഷ്ണ പരമവംശരുടെ മഹത്വം അറിയണമെങ്കിൽ എന്നെ നോക്കണം എന്ന് ഞാൻ കുടിച്ച കള്ളുകുപ്പി മദ്യകുപ്പി ഒന്നിനു ഒന്ന് അടുക്കി വെച്ചാൽ എവറസ്റ്റ് പർവ്വതവും കടന്നു അത്രയധികം ഉപമയാണ് അദ്ദേഹം പറഞ്ഞത് എവറസ്റ്റ് പർവ്വതം തമിഴിൽ ഒരു സിദ്ധൻ പാട്ടുപാടി ഞാൻ പ്രസവിച്ച് പാലുകൊടിച്ച അമ്മമാരുടെ പാലൊക്കെ കൂടെ പിഴിഞ്ഞു ഒഴിച്ചാൽ മഹാവിഷ്ണുവിന്റെ പാലാഴി ഒന്നുമല്ലാതായി പോകുന്നതാണ് അത്ര പാല് കുടിച്ചു കഴിഞ്ഞു അതുപോലെ അദ്ദേഹം പറയുകയാണ് എവറസ്റ്റ് പൂർവ്വം കടന്നു പോകും കടന്നു പോകുന്നത് അത്രയധികം ഞാൻ കുടിച്ചിട്ടുണ്ട് പല ദുരാചാരങ്ങളും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് രാമകൃഷ്ണ പരമഹംസരുമായി ബന്ധമുണ്ടായി അതൊക്കെ പല അസഭ്യങ്ങളും പറഞ്ഞു രാമകൃഷ്ണ പരമഹംസരെ ഇനിയൊന്നും പറയാനില്ല രാമകൃഷ്ണദേവനും തന്നെ പോലെ കുടിയനാണെന്നൊക്കെ പറഞ്ഞ് നടന്നു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആടുന്നു ലഹരി പിടിച്ച പോലെ ഇരിക്കുന്നു നല്ല സാധനമാണ് അദ്ദേഹം കുടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ അയാൾ രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു ഏത് ചരക്കാണ് ഇന്ത്യനോ വിദേശിയോ